ഒരു കൊതുകിനെയോ അതിനേക്കാൾ ചെറിയ ഒന്നിനെയോ ഉദാഹരണമായി പറയുന്നതിൽ അല്ലാഹുസുബഹാനഹൂവറ്റ ആല ലജ്ജിക്കുന്നില്ല വിശ്വസിച്ചവർ അത് തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ സത്യനിഷേധികൾ ചോദിക്കുന്നു ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു സുബഹാനഹൂവറ്റ ആല എന്താണുദ്ദേശിച്ചത് അതുവഴി അല്ലാഹുസുബഹാനഹൂവറ്റ ആല പലരെയും വഴിപിഴപ്പിക്കുകയും പലരെയും നേർവഴിയിലാക്കുകയും ചെയ്യുന്നു അധർമ്മകാരികളായവരെ അല്ലാതെ അവൻ അതുവഴി വഴിപിഴപ്പിക്കുകയില്ല